Alhamdulillah نحمده ونستغينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا ملللا ومن يلله فلا خاذيلا وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله ി മുഹമ്മദ് കമ ബാറകതാല ഇബ്രാഹിമ അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അമ്മാ ബാദ ബൈന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീതി കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറുൽ ഉമൂരി മുഹ്ദതതു ഗ വ kull മുഹ്ദതതിൻ ബിദഅ വ kull ബിദഅതിൻ ളലാല أعوذ بالله من بسم الله الرحمن ഔതുദു ബിഹിമിന്നഃശേ ജീം ബിസ്മില്ലാഹി റോഹ്മാനിർഹീം യാൂഹല്ലീന ആമനുത്ത കുഹക്കത്തു കാത്തി അതു മുസ്ലിമൂൻ വക്കാലു മിനലകത്തുരലാമിനർയംബൂ ഔത്ത കൂനലക ജന്നു മിന്നീലിംവൈനബിം വതു ഫിരൽ അന്ഹാര ഫ്ജിരൽ അന്ഹാര ഖി ഹാത്ത ജീരാ ഔ തുസ്കിത സമാക്കാമാസ അന്ത അലൈന കിസ അലൈനി സപ്പ ഔത്ത സ്നേഹമു സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ നമുക്ക് സമ്പൂർണമായ ഒരു മാർഗ്ഗദർശനവുമായി ലോകത്തിന് അനുഗ്രഹമായി കാരുണ്യമായി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലിവസലമയെ നിയോഗിച്ചു തന്നെ സർവശ്തനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നബിസല്ലാഹു അലൈ വസല്ലഭയുടെ ജീവിതവും ചരിത്രങ്ങളും ധാരാളം നൂറ്റാണ്ടുകളിലൂടെ കടന്നുവന്ന് അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വിസ്മയകരമായ അനുഭവങ്ങളാണ് നമ്മളിൽ സൃഷ്ടിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സഹോദരങ്ങളെ ഒരു വേദമതത്തിന്റെ കുടുംബത്തിൽ ജനിക്കാത്ത ഒരു ക്രിസ്തീയ കുടുംബത്തിലോ വേദങ്ങൾ പാരായണം ചെയ്യപ്പെടുന്ന ജൂതക്രൈസ്തവരുടെ കുടുംബത്തിൽ ജനിച്ചവനല്ല മഹാനായ റസൂൽ കരീം സല്ലു അലൈ വസ്ലമ അക്ഷരജ്ഞാനം അപൂർവമായിരുന്നുവെങ്കിലും പാരായണം ചെയ്യാനോ വായിക്കാനോ പഠിക്കാനോ ജീവിതത്തിലെ അവസാന നാളുവരെയും ഒരു പുസ്തകം വായിക്കാത്തവനാണ് യഥാർത്ഥത്തിൽ ലഭിച്ച ഈ വിശുദ്ധ കുർആാനല്ലാത്ത മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളെ വായിച്ചറിയുവാനോ മനസ്സിലാക്കുവാനോ ഉള്ള അക്ഷരജ്ഞാനം നബിസല്ലാഹു അലൈവ് വസ്ല്ലമക്ക് ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും പ്രത്യേകമായ ഒരു ഗുരുനാഥന്മാരോ പണ്ഡിതന്മാരോ നബിസല്ലാഹു അലൈവ് വസ്ല്ലമയെ പഠിപ്പിച്ചതായിട്ടും ചരിത്രത്തിലില്ല അതുകൊണ്ടുതന്നെ ലോകത്തെവിടെയെങ്കിലും ഒരു മാതൃകയോടുകൂടെ നിലനിൽക്കാത്ത അല്ലെങ്കിൽ ലോകത്തെവിടെയെങ്കിലും കാണപ്പെടാത്ത സുന്ദരമായ മാതൃകായോഗ്യമായ ലോകാവസാനം വരെ ഒരു വ്യക്തിക്കും സമൂഹത്തിനും ആർക്കും പിന്തുടരപ്പെടാൻ പറ്റുന്ന സമ്പൂർണമായ ജീവിതത്തെ സമഗ്രമായി ചൂന്നു നിൽക്കുന്ന ഒരാദർശത്തെ ഒരാശയത്തെ ലോകത്തിനു നൽകിയത് എങ്ങനെയെന്ന് ലോകം ഇന്നും അത്ഭുതത്തോടെ അന്വേഷിക്കുന്നു ആരിൽ നിന്നാണ് പ്രവാചകന് ഈ ഉപദേശത്തിന്റെ സമാഹാരം ലഭിച്ചത് എങ്ങനെയാണ് ലോകത്തെ മുഴുവനും സ്വാധീനിക്കുമാറ് ഇത്രയും വലിയ ഉപദേശ സമാഹാരങ്ങളെ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞത് സ്വാധീനിക്കാൻ കഴിഞ്ഞത് സഹോദരങ്ങളെ നമുക്ക് കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമില്ല റസൂലിനെ പിൻപറ്റുന്നവരെ കുറിച്ച് ഖുർആാൻ പറയുന്നത് അല്ലതീനൂന റസൂൽ നബി ഉമ്മ പ്രവാചകനായ ദൂതനായ ആ നിരക്ഷരനായ അള്ളാഹു റസൂൽ നബി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അല്ല പറയാണ് അതേപോലെ തന്നെ അല്ല ഉമ്മി നിരക്ഷരൻ എന്നാണ് ഇപ്പൊ നിരക്ഷരനായ ഒരു പ്രവാചകനെ പിൻപറ്റുന്നു ലോകത്തൊരു പണ്ഡിതനും സാധിക്കാത്ത ഒരു വിപ്ലവകാരിക്കും സാധിക്കാത്ത ഒരു പുരോഹിതനും സാധിക്കാത്ത ഒരു മഹത്തായ വിപ്ലവൻ എബിസ്ലാസ്മുക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ആ ശുദ്ധമായ ഹൃദയത്തിലേക്ക് മനുഷ്യന്റെ സൃഷ്ടികർത്താവായ പടച്ച നേരിട്ട് കൊടുത്ത സത്യസന്ദേശം അതിലൊന്നും കൂട്ടിക്കലർത്താതെ സത്യസന്ധമായി ലോകത്തെ പഠിപ്പിച്ചപ്പോൾ ആ ദൈവീക സന്ദേശം ആ സൃഷ്ടാവിന്റെ സന്ദേശം ലോകത്തെ സ്വാധീനിച്ചു കാലങ്ങളെ അതിജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും വെറുതെ ഒന്ന് അന്വേഷിച്ചു നോക്കൂ നിങ്ങൾ തീർച്ചയായും ഒരുപക്ഷെ നബിസ്ലഹ് സിമിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സഹോദരങ്ങളെ നമ്മളോട് സൂചിപ്പിക്കാനുള്ളത് നെബിന്റെ ഒരു ചരിത്രം നമ്മൾ പൂർണ്ണമായിട്ട് വായിക്കണം അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുക എന്നുള്ളത് ഈ മാങ്കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ് ഒരു ചരിത്രം ഇന്ന് ധാരാളക്കണക്കിന് ചരിത്രങ്ങൾ അറബിയിലും ഇംഗ്ലീഷിലും അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നത് കേട്ടൊരറിവ് പോലെ പഠിച്ചൊരറിവ് നെബിസ്ലാസമയെക്കുറിച്ച് നമുക്ക് വേണം എന്ന കാര്യത്തിൽ സംശയിക്കണ്ട സഹോദരങ്ങളെ നെബിസ്ലാസിമയുടെ ജീവിതത്തിന്റെ മഹത്വങ്ങൾ അനാവരണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകണം എന്താണെന്ന് ഉയർച്ച ആ ജീവചരിത്രം ലോകത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പടച്ചോനാണ് പറയണത് നീ മഹത്തായ ഒരു സ്വഭാവത്തിന്റെ ഉടമസ്ഥനാണെന്ന് സഹോദരങ്ങൾ ആ ജീവിത ചരിത്രത്തിൽ എവിടെയെങ്കിലും ആ പ്രവാചകന്റെ മഹത്വത്തിന് നിരക്കാത്ത ഒരു സംഭവം പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റൂല ധാരാ സർട്ടിഫിക്കറ്റ് കൊടുക്കണ പണച്ചോൻ ലോകത്ത് മനുഷ്യനായി അവതരിപ്പിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫലിയുടെ ജീവിതത്തെ ലോകത്തിന് മുഴുവനും മാതൃകയായി രേഖപ്പെടുത്തി കാണിച്ചു കൊടുത്തിട്ട് പണച്ചോൻ പറയാണ് ലോകത്ത് ഇത്രയും മഹത്തായ ഒരു സ്വഭാവത്തിന്റെ ഉടമയെ ആർക്കും കാണിച്ചു തരാനാവില്ല മറ്റൊരു സ്ഥലത്ത് അള്ളാവു പറയുന്നത് ലോകത്തിന് മുഴുവനും ഒരു നല്ല മാതൃകയുടെ പതിപ്പുകളാവൂ നിങ്ങൾ സഹാബത്തിനോട് പറയുന്നു മുസ്ലിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് മുഴുവനും മാതൃക റസൂൽ നിന്ന് കിട്ടുന്നതാണ് ലോകത്തിന് മുഴുവനും പിൻപറ്റപ്പെടാവുന്ന ഒരു മാതൃക റസൂലുണ്ട് ുംസൂലില്ലാകെ ഉസ്മത്തും ഹസന പിന്തുടരപ്പെടാൻ പറ്റുന്ന മാതൃക എല്ലാം മറ്റൊരാൾക്ക് അനുകരിക്കാൻ പറ്റുന്ന മാതൃകകളായി ഏറ്റവും നല്ലൊരു മാതൃകയും ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ് സഹോദരങ്ങളെ ഏത് മഹാത്മാവിന്റെ ജീവിതം വായിച്ചാലും എവിടെയെങ്കിലും നമ്മുടെ മനസ്സിന്റെ മതിപ്പും ബഹുമാനവും നഷ്ടപ്പെടുന്ന ഒരു രംഗം കുടുംബജീവിത രംഗത്തോ അല്ലെങ്കിൽ സഹോദരങ്ങളെ മറ്റു അയൽപക്ക ബന്ധത്തിലോ വ്യക്തിബന്ധത്തിലോ ഒരു നേതാവെന്ന നിലക്കോ മഹാനെന്ന നിലക്കോ കുട്ടിക്കാലത്തോ എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കപ്പെടാൻ പറ്റാത്ത ഒരു മഹാത്മാവിന്റെ ചരിത്രം ലോകത്ത് വായിക്കപ്പെടില്ല എന്നാ യസ് വരെയും മാത്രല്ല നാല്പത് വയസ്സിന് ശേഷം മാത്രമല്ല നാല്പത് വയസ്സുവരെയും എന്തെങ്കിലും ആ മകൽ വ്യക്തിത്വത്തിന് പോറലേൽക്കുന്ന ഒന്നുമില്ല ചരിത്രത്തിൽ സഹോദരങ്ങളിൽ ഇന്നും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കണം ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾക്ക് നുണ പറയാതെ അസത്യം പറയാതെ പ്രവാചകനെ ആക്ഷേപിക്കാൻ പറ്റൂല അത്ര മഹത്തരമായ ഒരു സ്വഭാവത്തെ ലോകത്തിന് എഴുത്ത് കാണിച്ചു കൊടുക്കണം ഇത് അത്ഭുതല്ല ആർക്കാ പറയാൻ പറ്റുക പിന്നെ ഇരുലോകത്തും മഹോന്നത് സ്വർഗ്ഗത്തിലൊരു പദവി ഉണ്ട് റസൂലുല്ലാക്ക് മാത്രാന്ന സഹോദരങ്ങളെ ഒരു പദവി നിങ്ങളെല്ലാരും ചോദിക്കുകയും എനിക്ക് അതിന് വേണ്ടിതാണ് ഒണ്ടാ നമ്മള് വേണത് ശേഷം ആഹമ്മ നരകത്തിന്റെ വേദന അനുഭവിക്കുന്നവർക്ക് അള്ളാൻ അനുഭൂതി പ്രകാരം ശുപാർശ കിട്ടി നരകത്തിലേക്ക് സ്വർഗത്തിലേക്ക് വരാനുള്ള നിമിത്തമാകാൻ റസൂല കള്ളാഹു പരലോകത്ത് പദവി കൊടുത്തു അലൈ വസ്ലമേ ലോകത്തെ മുഴുവനും ജനങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന സ്ഥലം ഒരാളുമില്ല വലം യുഗാദും അഹദ ഒരാളും വിട്ടുപോകാതെ ലോകത്ത് മനുഷ്യനായി ജനിച്ച സർവരും ഒരുമിച്ച് കൂടപ്പെടുന്ന ആ മഹത്തായ അക്ഷറയിൽ സഹോദരങ്ങളെ സർവ്വപ്രവാചകന്മാരും വരുമ്പോൾ ആളുകൾ ശുപാർശക്കെടുക്കാൻ പറയുന്ന മഹത്തായ പദവി അതിനേക്കാളും വലിയ പദവി എന്താ ഷെഫാത്തുൽ ഒതുമാരറ്റ് ലോകത്തെവിടെ മുസ്ലിം ഉണ്ടോ ആ ചുണ്ടുകളിൽ ഈ നാമം ഉച്ചരിക്കപ്പെടും സഹോദരങ്ങളെ എത്ര ഉന്നതമായ സ്ഥാനാണ് അള്ളാഹു കൊടുത്തതെന്ന് ആലോചിക്കുന്നു നിങ്ങൾ ഈ മഹാനായ റസൂർ കരീം സലല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ സത്യതയ്ക്ക് മാറ്റിക്കൂട്ടുന്നത് എന്താണല്ലേ സഹോദരങ്ങൾ ഈ ഖുർആൻ ഈ വിശുദ്ധ ഖുർആാനിൽ നിന്ന് എന്ത് അത്ഭുതങ്ങൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ചാലും ഉടൻ എന്താ മനസ്സിലാവുക അള്ളാഹുവിന്റെ റസൂൽ റസൂലാണെന്ന വിശ്വാസ്യത സത്യത അത് ലോകത്തെ ശക്തിപ്പെടുത്തുന്ന പ്രവാചകനുള്ള അംഗീകാരമാണ് അമാനുഷികതയാണ് യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ ഖുർആാൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഖുർആനിൽ ഈ വിജ്ഞാനപ്രദമായ ഗ്രന്ഥം ഖുർആാൻ തന്നെയാണ് സത്യം നീ പ്രവാചകന്മാരിൽ പെട്ടവൻ തന്നെയാണ് നീ ഏറ്റവും പാന്താവിലാണ് എന്ന് അള്ളാഹു പറഞ്ഞത് ഈ കുർആാനെ സാക്ഷി നിർത്തിയിട്ടാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അധികം പറയണ്ട രണ്ടു വാക്ക് മനസ്സ് തട്ടി ചിന്തിച്ചോക്ക് നിങ്ങൾ ഒരിക്കലും നമ്മൾ പിന്നെ പരിഹസിച്ച് ചിരിച്ചു പോകുന്ന ശാസ്ത്രാബദ്ധങ്ങൾ ലോകത്ത് പറയപ്പെട്ടിട്ടുണ്ട് വലിയ ശാസ്ത്രകാരന്മാർ അതിലൊന്നുപോലും ഖുറാന് കയറിക്കൂടിയില്ല സഹോദരങ്ങളെ സ്ത്രീയുടെ ആർത്തവത്വത്തിന്റെ ആർത്തവത്തിന്റെ ബ്ലഡിൽ നിന്നാണ് പിന്നെ ഒരു കുട്ടി ഉണ്ടാവുന്നത് എന്ന മഹാബദ്ധം പോലും ശാസ്ത്രത്തിന്റെ പേരിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഖുർആൻ മുഴുവൻ പരിശോധിച്ചിട്ട് എവിടെയെങ്കിലും ഈ കാലം വരെ ശാസ്ത്രകാരന്മാർ പറഞ്ഞ പൊട്ടത്തരങ്ങളിൽ ഒന്നുപോലും ഈ ഖുർആാനിൽ കയറിക്കൂടിയില്ല എന്തുകൊണ്ട് ആലോചിക്കാൻ മാത്രമല്ലേ സഹോദരങ്ങളത് എന്നാൽ ലോകം അത്ഭുതകരമായ ശാസ്ത്രതത്വങ്ങളെ കണ്ടുപിടിച്ചിട്ട് സഹോദരങ്ങള് അതിൽ വിശുദ്ധ ഖുർആാൻ എതിരായി വന്നതുമില്ല ഇതിനേക്കാളും വരുതാ അതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന മുഴുവൻ വാക്കും അള്ളാന്റെ നെള്ളീന് വേറെ എന്ത് പ്രമാണമാണ് സഹോദരങ്ങളെ വേണ്ടത് നോക്കൂ നിങ്ങൾ ഇതിന്റെയൊക്കെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വരും ഈ ഒക്കെ ഈ മഹത്വങ്ങൾക്കിടയിലൊക്കെ ഞാൻ ഒരു മനുഷ്യനാണെന്ന് ലോകത്തോട് പറയാൻ ലെബിശ്ലാസം ഒരിക്കലും പ്രയാസമുണ്ടായില്ല ഇമാം ബുഖാരിന്റെ ഹദീസിലെ പ്രവാചകന് ശാരീരികമായ രോഗം എന്ന നിലക്ക് സിഹ്റ് ബാധിച്ചതിനെ പറയുന്നുണ്ട് അതിനെ ഖുറാൻ വിമർശകന്മാർ ഒരു വേളം ആ ആ സംഭവത്തെ ഉദ്ധരിച്ച് പറയാറുണ്ട് ഈ സിഹ്റ് ബാധിച്ച പ്രവാചകന്റെ ഖുആാൻ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കാന്ന് സഹോദരങ്ങളിൽ ലോകത്ത് വിശുദ്ധ കുർഹാനിന്റെ വിമർശകന്മാർക്ക് മറുപടി പറയുന്ന മഹാപണ്ഡിതന്മാരും ഗവേഷകന്മാരും മറുപടി എന്തും ഒരു മനുഷ്യനുബാധിക്കുന്ന ശാരീരിക രോഗം വരുന്ന സിഹിറിന്റെ വശം പോലും പ്രവാചകന് വന്നു എന്ന് ലോകത്തെ അറിയിച്ചത് എന്തിനാ വെച്ചാൽ പ്രവാചകൻ എല്ലാ അർത്ഥത്തിലും മനുഷ്യനാണെന്ന് ലോകത്തെ അറിയിക്കാനാണ് ഇത് ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രസ്താവനയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ആയത്ത് സൂറത്ത് ഇസ്രാ എന്നാണ് അവർ ചോദിക്കാണ് അവർ പറഞ്ഞു മുഹമ്മദ് നിന്നിൽ വിശ്വസിക്കുന്ന പ്രശ്നമില്ല എന്തു വേണം ഈ മരുഭൂമിയിൽ ഉറവയില്ലാത്ത മരുഭൂമിയിൽ ഒരു ഉറവ പൊട്ടി ഒഴുകുന്നത് ഞങ്ങൾ കാണട്ടെ അപ്പൊ ഞങ്ങൾ പറയാ ീ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് മുഴക്കാത്ത മരുഭൂമിയിൽ ഒരു തോട്ടമുണ്ടാവട്ടെ തോട്ടത്തിന്റെ ഇടയിലൂടെ നദികൾ ഒഴികട്ടെ അപ്പോൾ ഞങ്ങൾ പറയാം നീ പ്രവാചകനാണെന്ന് ഔ തുസ് അല്ലെങ്കിൽ കിയാമത്തിനാളുടെ ആകാശമൊക്കെ പൊട്ടി വീഴും എന്ന് നീ പറയാറില്ലേ എങ്കിൽ ആകാശത്തിന്റെ ഒരു കഷ്ണം ഞങ്ങളുടെ കൺമുമ്പിലേക്ക് കടന്നു വീഴട്ടെ അല്ലെങ്കിൽ മലക്കുകളും അള്ളാഹുവും മുഖാമുഖം ഞങ്ങൾക്ക് മുമ്പിൽ വരട്ടെ അപ്പൊ ഞങ്ങൾ വിശ്വസിക്കാതാണ് അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം ഒരു തങ്കത്തിന്റെ വീട് നിനക്ക് തങ്കം കൊണ്ടുള്ള വീട് നിനക്ക്ണ്ടാകുക അത് ഞങ്ങൾ ഇങ്ങനെ കാണുക അല്ലെങ്കിൽ നീ ആകാശത്തേക്ക് കയറി പോക കേറിപ്പോയാലും പോരാ കയറിപ്പോയത് വല്ല ആസ്മരീകതയാണ് ഞങ്ങൾക്ക് തോന്നിയാലോ കയറിപ്പോയിട്ട് അള്ളാൻ എടുക്കുന്ന ഒരു ഏടുമായി തിരിച്ചു വരണം മറുപടി എന്താ പറയുക ഞാൻ മനുഷ്യനായ ഒരു പ്രവാചകനാണെന്ന് സഹോദരങ്ങളെ ഒരു മനുഷ്യനായി ജീവിച്ചിട്ട് തെറ്റ് സംഭവിച്ചില്ല ഒരു മനുഷ്യനായി ജീവിച്ചിട്ടും ലോകത്തെ മഹാന്മാർക്കും ബുദ്ധിമാർക്കും പറ്റിയ അബദ്ധം കടന്നുകൂടിയില്ല ഒരു മനുഷ്യനായിട്ടും സഹോദരങ്ങളെ ഈ അള്ളാഹുൽ റസൂലിനിറങ്ങിയ ഈ ഗ്രന്ഥം ലോകത്തെ അതിജീവിച്ചു എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു മഹത്വം നബീസ്വലഹ്സ്ലമയെ ഓരോ ദിവസവും ഏത് ഗവേഷണങ്ങളും പഠനങ്ങളും റസൂല്ലാന്റെ മഹത്വത്തെ ഉയർത്തുകയാണ് സഹോദരങ്ങളെ ആ മഹത്വം അംഗീകരിക്കണമെന്ന നമ്മോട് വേണം നമ്മളെ വിശ്വാസത്തിന്റെ ഭാഗമാണ് സംശയം വേണ്ട നബീസ്ലഹ്സമയെ പോലെ ലോകത്തിന് ആശ്വാസം പകർന്നൊരു വ്യക്തിയില്ല പ്രവാചകന്റെ ഓരോ സന്ദേശങ്ങളും ആളും ഉൾക്കൊണ്ടോ സഹോദരങ്ങളെ അവർക്ക് ആശ്വാസം കിട്ടും പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ ഓരോന്നും അതേപോലെ തന്നെ ലോകത്തെ ഏറ്റവും അധികം പിന്തുടരപ്പെടുന്ന വ്യക്തി ആരാന്ന് വെച്ചാൽ നബിസ്ലാസമേയാണ് പലർക്കും പല അനുയായികളും ഉണ്ടാകും സഹോദരൻ പറഞ്ഞത് അതേമായി ഇപ്പൊ ഇരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ ഇന്നലെ ഉറങ്ങിയപ്പോൾ ഓതെടുത്താ ഉറങ്ങിയേ അത് ആ പ്രവാചകന്റെ മാതൃക സഹോദരങ്ങളെ വിനയത്തോടെ പറയാണ് നബിസ്ലാസും ഒരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് സ്വീകരിക്കാൻ നല്ലത് ഏതായാലും നമ്മൾ വെള്ളം കുടിക്കുമ്പോ ഒരു കൈ ഉപയോഗിക്കണം ഇപ്പൊ നബി ഒരു തീരുമാനം വലത്തെ കൈ കൊണ്ടാണ് അതന്നെ നല്ലത് സഹോദരങ്ങള് പിന്നെ നമ്മളൊരു സ്വാതന്ത്ര്യത്തിൽ നമ്മൾ വസ്ത്രം ധരിക്കുന്നു എബിസ്ലാസമ വസ്ത്രത്തിന്റെ ഒരളവ് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കാതിരിക്കുന്നു നന്നാകാം ഏതു വിഷയത്തിലും റസൂറിൽ നിന്ന് ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനത്തിലാണ് സഹോദരങ്ങളെ നാം പ്രാധാന്യം കൊടുക്കുന്നത് അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ആളുകളിലും ജീവിതത്തിന് അനക്കത്തിലും വിളക്കത്തിലും പിൻപറ്റപ്പെടുന്ന ഒരു വ്യക്തി പ്രവാചകനല്ലാതെ ആരാണ് സഹോദരങ്ങൾ അത് മാത്രമോ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നാം സ്നേഹിക്കുന്ന എബിസ്ലാസമയാണ് നമ്മുടെ വീട്ടിലൊരു മരണം നടന്നു നമ്മുടെ വാപ്പയാണ് മരിച്ചത് മനസായില്ലേ ഒരിക്കലും നമ്മുടെ മനസ്സിന് യോജിക്കാത്ത അനാചാരങ്ങൾ അവിടെ നടക്കണ് നമുക്കറിയാം അത് തെറ്റാണെന്ന് സോദരങ്ങളെ നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് വാപ്പ പക്ഷേ നബിക്കിഷ്ടമില്ലാത്ത നെബിസ്ലാസമയ്ക്ക് സ്നേഹിക്കുന്ന നമുക്ക് പ്രവാചകന് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യൂ വാപ്പാൻ ഇഷ്ടത്തിന് വേണ്ടി ബന്ധുക്കൾ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യൂല കുടുംബത്തിലെല്ലാ ആളുകളും അനാചാരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ സ്വന്തം വാപ്പ ഏറ്റവും പ്രിയപ്പെട്ടവനാണെങ്കിലും റസൂലുള്ളയെ പ്രിയപ്പെട്ടവനായി കണ്ടു മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് സ്വന്തങ്ങളെക്കാളും വിശ്വാസികൾക്ക് പ്രിയപ്പെട്ടത് റസൂറുള്ളയാണ് പ്രവാചകന്റെ പത്നിമാർ അവർക്കും മാതാക്കളാണ് ഭാര്യമാര് നമുക്കും ഉമ്മമാർ പ്രവാചകൻ നമ്മുടെ പിതാവിനെക്കാളും എല്ലാവരേക്കാളും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് സഹോദരങ്ങളെ റസൂല്ല എങ്ങനെ സ്നേഹിക്കണം വർഷത്തിൽ ഒരിക്കലൊരു ദിവസം ഒരു ചടങ്ങ് കഴിച്ച് ആദരിക്ക സഹോദരങ്ങള് സമൂഹത്തിലെ ഒരു സ്വാധീനവും ചെലുത്താത്ത പേരുകൊണ്ടും ഫ്ലെക്സ് മാത്രം ഓർമ്മിക്കപ്പെടുന്ന നേതാക്കന്മാർക്കിടയിൽ ഒരാളാണ് ഒരു ദിവസം കൊണ്ടൊരാഘോഷവും ഒരു ഘോഷയാത്രയും സംഘടിപ്പിച്ച് അവസാനിപ്പിക്കേണ്ടതാണ് സഹോദരങ്ങള് പ്രവാചകന്റെ ജീവിതം ജീവിതത്തിന്റെ എളക്കത്തിലും അനക്കത്തിലും പിൻപറ്റിക്കൊണ്ട് അതും മാതൃകയാക്കാനാ പറഞ്ഞു അഹബനെ നിങ്ങൾ അള്ളാവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റിക്കോളും ആരെങ്കിലും റസൂലു ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലായിരിക്കുന്ന റസൂലുള്ള പറഞ്ഞ സഹോദരങ്ങളെ പ്രവാചകനെ അള്ളാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്തി ആദരിക്കേണ്ടത് ക്രിസ്ത്യാനികൾ യേശു ചെയ്ത പോലെ വരാത്ത ത്രൂനീക്ക മാത്രത്തിന്റെ ക്രിസ്ത്യാനികൾ ചെയ്ത ഒരവസ്ഥ എനിക്കു നിങ്ങൾ തരരുതേ എന്ന് ോട് പറഞ്ഞു പ്രവാചകന്റെ കബറും ചുറ്റും ഒരു ആഘോഷമാണോ സഹോദരങ്ങളെ ബഹുമാനം അവിടെ ഒരു ആഘോഷവും സംഘടിപ്പിക്കരുതേ എന്ന് അവസാനത്ത് ആഗ്രഹമായി മുസ്ലിങ്ങളോട് മഹാനായ റസൂർ ഖനിമ പറഞ്ഞു അതുകൊണ്ട് സഹോദരങ്ങളെ ആ പ്രവാചക മാതൃക പിൻപറ്റ പ്രവാചകന്റെ കൂടെ നാൽപ്പതിൽ ചില്ല പ്രവാചകന്റെ വഫാത്തിന് ശേഷം നാൽപ്പതിൽ ചില്ലാനം കൊല്ലം ജീവിച്ച ആളാണ് ആരെയറിയു ആയിഷാറികൾ നിബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യമാരിലൊരാൾ എന്നിട്ട് ആ ആയിഷാരഥി അള്ളാവിന് നാൽപ്പതിൽ ചില്ലാന റബിയുൽ അബുലുകൾ പിൻവിട്ടിട്ടും ഒരു റബിയുല്ലബുലിന്റെ സഹോദരങ്ങളെ ഏതെങ്കിലും കുട്ടികളെ അയൽക്കാരെ വിളിച്ചിട്ട് അല്ലെങ്കിൽ മസ്ജിദ് ഏതെങ്കിലും ഒരു മാലയോ തോരണങ്ങളോ തൂക്കിയിട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ച ചരിത്രത്തിൽ സഹോദരങ്ങളെ ആ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിച്ചാത്ത മറ്റു മതങ്ങളിൽ നിന്ന് കടമെടുത്തൊരു പരിപാടി മുസ്ലിങ്ങൾക്ക് വേണം അത്തിൻലാല വല്ലു ദലാലത്തിൻ പിന്നാർ എല്ലാ അനാചാരങ്ങളും വഴികേടാണ് എല്ലാ വഴികേടും നരകത്തിലേക്കാണ് സഹോദരങ്ങൾ അള്ളാഹുവിന്റെ റസൂൽമ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഈ അന്ധവിശ്വാസങ്ങളെ എന്തിനാണ് നമ്മൾ കൊണ്ടെടുക്കുന്നത് നാം കൌരവത്തോട് ആലോചിക്കണം നാം പറഞ്ഞ് നമ്മുടെ കച്ചവട പീടിക പൂട്ടേണ്ടി വന്നാലും നമ്മുടെ വീടും താമസവും അവസാനിച്ച് നമ്മളാ മഹൽ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നാലും നാം സ്നേഹിക്കുന്ന നമ്മളെക്കാളും സ്നേഹിക്കുന്ന റസൂൽ ഇഷ്ടമില്ലാത്ത ഈ ആഘോഷത്തിൽ സഹോദരങ്ങളെ നിങ്ങളുടെ വിയർപ്പിന്റെ ഒരു തുള്ളി പോലും നിങ്ങൾ സംഭാവന നൽകാൻ പാടില്ല അതിനോട് എന്തെങ്കിലും ഒരു താല്പര്യം കാണിക്കാൻ പാടില്ല നിങ്ങളുടെ കുട്ടികളോ പേരമക്കളോ ഇതിന്റെ ഭാഗമാകാൻ പാടില്ല കാരണം അള്ളാഹുവിന്റെ റസൂൾ ഇഷ്ടപ്പെടുന്നില്ല ജീവിക്കുന്ന കാലത്തും ആഘോഷിച്ചില്ല പ്രവാചകന്റെ സഹാപത്ത് ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടിലും അത് നടന്നില്ല അതുകൊണ്ട് അതിനെതിരെ നിൽക്കുക പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണെന്ന് മനസ്സിലാക്കുക പിന്നെന്താണ് സഹോദരങ്ങളെ ആ മഹത്തായ പ്രവാചകോട് കാണിക്കാനുള്ള മാതൃകേന്ദരങ്ങൾ ആ പ്രവാചകൻ ലോകത്തിന് നൽകിയ ഒരു വെളിച്ചമുണ്ട് സഹോദരങ്ങളെ ആ വെളിച്ചം നമ്മൾ കൊണ്ടെത്തിക്കണം നബിസ്ലാസമയുടെ ആ പരിശുദ്ധമായ ദേഹം മദീനയിലെ പള്ളിക്ക് സമീപത്തുള്ള ആ കബറുകളിൽ അവസാന അന്ത്യവിശ്രമം കൊള്ളാൻ ഇറങ്ങിക്കിടക്കുന്ന അന്ത്യദിനത്തിൽ നെബിസ്ലാസമയുടെ ആ കൈത്തിരി ആ പ്രകാശം നാളും ലോകത്തെത്തിക്കാനുള്ള ദൗത്യം മുസ്ലിങ്ങളെ അള്ളാഹുറസൂലെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ പ്രകാശത്തെ സഹോദരങ്ങളെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ കത്തിക്കുക നിങ്ങളുടെ സഹപ്രവർത്തകന്റെ ഹൃദയത്തിൽ നിങ്ങളുടെ ഭാര്യയുടെ ഹൃദയത്തിൽ നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബക്കാരുടെ ഹൃദയത്തിൽ കത്തിക്കുന്ന പ്രവാചകന്റെ കൂടെ ഇറക്കപ്പെട്ട ആ പ്രകാശത്തെ പിൻപറ്റുകൾ അവരാകുന്നു പ്രകാശമായി തെളിഞ്ഞു നിൽക്കുന്ന വിളക്ക് അള്ള വിളിച്ചതാ റസൂദരങ്ങളെ ണയാത്തൊരു ദീപം ലോകാവസാനം വരെ ഏത് ആശങ്കകൾ അകറ്റാൻ പറ്റുന്ന എന്തു സംശയങ്ങളും അകറ്റാൻ പറ്റുന്ന ജീവിതത്തിന് ലക്ഷ്യം കാണിക്കാൻ പറ്റുന്ന ഇരുളടഞ്ഞ് തപ്പിത്തടയുന്നവർക്ക് തെളിഞ്ഞ പ്രകാശം കാണിച്ചു കൊടുക്കുന്ന മാതൃകകളാണ് നെവിസ്ലാസമിന്റെ ജീവിതം അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള മഹത്തായ ദൌത്യം ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുക്കണം അതൊന്ന് ജീവിതത്തിലൂടെ മറ്റൊന്ന് വാക്കിലൂടെ മറ്റൊന്ന് ഈ സമൂഹത്തിലുള്ള കൂട്ടായ പ്രബോധന ദൌത്യങ്ങളിലൂടെ നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം അത് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ലോകത്തെ അറിയിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഈ കുർആാനിന്റെ ദിവ്യമായ മഹത്വത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള നമ്മുടെ ഒരു കടമയാണ് കർത്തവ്യമാണ് സഹോദരങ്ങളെ അത് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കണം അള്ളാഹുവിന്റെ ദീൻ ആളുകളിലേക്ക് എത്തിക്കുവാനും നിവിസാസമാർ നമ്മളിൽ ഇട്ടേച്ചു പോയാൽ ഈ മഹത്തായ പ്രകാശത്തെ സ്വയം ഏറ്റെടുത്ത് സമാധാനത്തോടെ ജീവിച്ച് ആ സമാധാനത്തിന്റെ സന്ദേശം ലോകത്തിന് പകർന്നു നൽകി എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും റസൂർയെക്കുറിച്ച് എന്തൊക്കെ പ്രചരിപ്പിക്കുന്ന സഹോദരങ്ങളെ അതിനൊക്കെ രക്ഷപ്പെടാൻ ആ ആരോപണങ്ങളൊക്കെ പ്രവാചനോട് മതിപ്പ് വർദ്ധിപ്പിക്കുക മാത്തും പ്രവാചകന്റെ ഭാര്യമാരെക്കുറിച്ച് ആക്ഷേപം പറയാനുള്ള വിവാഹത്തെക്കുറിച്ച് അവർ പഠിച്ചു കൊണ്ടുങ്ങൾ റസൂല്ലയുടെ മതിപ്പേ തോന്നുള്ളൂ എന്തു കാര്യങ്ങളെ കുറിച്ച് എന്ത് വിമർശനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴും അതിൽ നമുക്ക് കൂടുതൽ പ്രവാചനിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നതാണ് സഹോദരങ്ങളെ ആ മഹാനായ പ്രവാചകന്റെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മൾ വന്നുപോയ തെറ്റുകളെ അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തീരുമാറാവട്ടെ അലഹദില്ലാ അഹമ്മദൻ കസീറം തൊയ്യി മുബാറക് ഫി അള്ളാഹു മുസലിഅല മുഹമ്മദ് മാലാലി മുഹമ്മദ് കമാസൈ താലാ ഇബ്രാഹിം മാലാലി ഇബ്രഹീം മുബാരിക്ല മുഹമ്മദ് മുലാല് മുഹമ്മദ് കമാബാക്താലിമലി ഇബ്രാഹിമിന്റെ മജീദ് സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ അള്ളാവിനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെങ്ങനെ ഉറപ്പുത്തണം ഇമാം തുറമുദി റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹേഹായ ഒരു ഹദീത്തിന്റെ ആശയം ഇവിടെ വായിച്ച് കേൾപ്പിക്കുകയാണ് സഹോദരങ്ങളെ നമുക്ക് പല കടമകളും പല ഉത്തരവാദിത്തങ്ങളും ഉണ്ട് ആ കടമകൾ നിർവ്വഹിക്കുന്നതിലാണ് നമ്മുടെ സന്തോഷവും ആഹ്ലാദവും നിലകൊള്ളുന്നത് ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ചു ജുമാക്കു വന്ന ഒരാൾക്ക് വല്ലാത്തൊരു സന്തോഷം മനസ്സിലുണ്ടാകും ആ ബാധ്യത ഇനിയും നിറവേറ്റപ്പെടാതിരിക്കുമ്പോൾ മനസ്സിലത് കിടക്കും നമ്മുടെ മക്കളോട് കുടുംബത്തോട് നാട്ടുകാരോട് നമ്മുടെ സ്ഥാപനത്തോട് നമ്മുടെ ജോലിയോടൊക്കെ നമുക്ക് കടപ്പാടില്ലേ സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും സാമൂഹികമായി നിർവഹിക്കേണ്ട നിർവഹിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുമെന്ന് നബിസ്ലാസ്മ നമ്മളോട് പ്രവചിച്ച ഒരു യാഥാർത്ഥ്യം ഒരു ഉത്തരവാദിത്തത്തെ കുറിച്ച് ഓർപ്പെടുത്തുന്നതാണ് ഈ ഹരീസ് വല്ലതി നഫ്സിഹി വല്ലതി നഫ്സിഹി ആരുടെ കയ്യിലാണോ എന്റെ ആത്മാവ് എന്റെ ജീവൻ അവനാണേ സത്യം അള്ളാഹുവാണേ സത്യം നിങ്ങൾ നന്മ കൽപ്പിച്ചേ പറ്റൂ സഹോദരങ്ങളെ എത്ര കാലം നമ്മൾ ഈ മൗനം തുടരും നമുക്കിഷ്ടമില്ല നമ്മുടെ ഭാര്യ അങ്ങനെ ജീവിക്കുന്നത് നമുക്കിഷ്ടമില്ല നമ്മുടെ സഹപ്രവർത്തകൻ അങ്ങനെ ജീവിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മനസ്സ് പലപ്പോഴും ഒരുങ്ങിപ്പുറപ്പെട്ടതാണ് പറയാൻ അത് പാടില്ലെന്ന് പറയാൻ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ പക്ഷെ നമ്മൾ അശ്രദ്ധമായ നിരുത്തരവാദപരമായൊരു കാത്തിരിപ്പിലാണ് ഇപ്പോഴും നമ്മൾ ഇരുപത്തിയഞ്ച് കൊല്ലം കൂടെ ജീവിച്ചിട്ടും ഭാര്യയോട് പറഞ്ഞില്ല അത് തെറ്റാണെന്ന് ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് മുറന്നേ പറ്റൂർ തിന്മ നിങ്ങൾ വിരോധിച്ചേ പറ്റൂ നിങ്ങൾ അങ്ങനെ നിശബ്ദമായി ജീവിച്ചുകൂടാ മറ്റുള്ളവർക്കിടയിൽ വിമർശിക്കപ്പെടാത്തവനായി വിശുദ്ധനായി ആർക്കും ഇഷ്ടപ്പെട്ടവനായി ജീവിക്കാൻ വേണ്ടി നന്മകൾക്കെതിരെ നന്മകൾ കൽപ്പിക്കാതെ തിന്മകൾക്കെതിരെ പ്രതികരിക്കാതെ നിങ്ങൾക്ക് കൂട്ട ശിക്ഷാഹു അയക്കും നിങ്ങളുടെ നാട്ടിൽ തിന്മയുടെ കെടുതികൾ ഇറങ്ങും സഹോദരങ്ങൾ പരീക്ഷണങ്ങൾ ഇറങ്ങും ദുരന്തങ്ങൾ ഇറങ്ങും കന അത്രമാത്രം തിന്മ വ്യാപിച്ചിരിക്കുകയാണ് മനസ്സല്ലെങ്കിൽ ഒരു രാത്രിയുടെ ഏകാന്തതയിലല്ല സഹോദരങ്ങളെ പച്ചപ്പകല് ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അങ്ങാടിയിൽ പോലും സുരക്ഷിതമല്ലാത്ത രൂപത്തിൽ തിന്മകൾ വർദ്ധിച്ചു വന്നിരിക്കുകയാണ് മോഷണങ്ങളും വ്യഭിചാരങ്ങളും അതേപോലെ തന്നെ സഹോദരങ്ങളെ കൈയേറ്റങ്ങളും അനീതികളും സമൂഹത്തിന്റെ ഭാഗമായിരിക്കുകയാണ് എല്ലാ രംഗത്തും അള്ളാഹും റസൂലും വിരോധിച്ച കാര്യങ്ങൾ വ്യാപകമാകുമ്പോൾ നോക്കി നിൽക്കാൻ പറ്റൂ നമുക്ക് അങ്ങനെ നിങ്ങൾ ചെയ്ത ഈ നിരുത്തരവാദിത്വത്തിന്റെ തിന്മതെടുക്കാതെ നന്മ കൽപ്പിക്കാതെ ജീവിച്ചതിന്റെ ഭാഗമായി നിങ്ങൾക്ക് അള്ളാഹു ശിക്ഷ അയേക്കും ശിക്ഷ വന്ന് ദുരന്തങ്ങളിൽ അകപ്പെടുമ്പോൾ സുമത്തത് നിങ്ങൾ അവനെ വിളിക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല പോ ആ സമയത്ത് വിളിച്ച ഉത്തരം കിട്ടൂല കാരണം നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തിരുന്നില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ നിർബന്ധമായ ഒരു കടമായ എന്ന നമ്മൾ അത് നിർവ്വഹിക്കണം ഞാൻ വീണ്ടും ഓർപ്പെടുത്തണം നമ്മൾ സംഘടിപ്പിക്കുന്ന ആയതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇൻസൈറ്റ് ഇസ്ലാമിക് എക്സിബിഷൻ സഹോദരങ്ങളെ ഖുർആആാന്റെ അത്ഭുതത്തെക്കുറിച്ച് കാണിക്കുവാൻ വേണ്ടിയാണ് ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നമ്മൾ നടത്തുന്ന വളരെ ഉന്നതമായ ഒരു ദാവ പരിപാടിയാണ് ഇവിടെ നിങ്ങൾക്ക് ക്ഷണിക്കാനുള്ള സാധനങ്ങൾ പോലും ഇവിടെ ഫ്രീ ലഭിക്കുന്നു സഹോദരങ്ങളെ ഇനിയും വിളിക്കാൻ മറന്നു നിങ്ങൾ ഇതിന്റെ സംഘാടകനായി തന്നെ എല്ലാവരെയും നിങ്ങളിതിലേക്ക് ക്ഷണിക്കണം ഇൻഷാള്ള ഇന്ന് ഉച്ചക്ക് ജുമാക്ക് ശേഷം നമ്മുടെ ഈ ടൌണിലും എല്ലാവരെയും വ്യാപകമായി ക്ഷണിക്കാൻ ഉള്ളൊരു സമയമായിട്ടാണ് ഇന്ന് ഈ വെള്ളിയാഴ്ച നമ്മൾ തന്നെത്തിരിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം ഞായറാഴ്ച രാവിലെ തൊട്ട് നമ്മുടെ എക്സിബിഷൻ ആരംഭിക്കും സഹോദരങ്ങളെ നാം ഓരോരുത്തരും സ്വയം ഒരു ചോദ്യം ഇന്ന് ചുമ പിരി ചോദിക്കണം ഞാൻ എന്തു പങ്ക് നമ്മുടെ പരിസരങ്ങളിൽ നടക്കുന്ന ഈ മഹത്തായ പ്രബോധന സംരംഭത്തിൽ നാം ആദരിക്കുന്ന വിശുദ്ധ ഖുർആാനിനെ നാം സ്നേഹിക്കുന്ന ഇസ്ലാമിനെ നാം അങ്ങേറ്റം സ്നേഹിക്കുന്ന പ്രവാചകനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന മാർഗത്തിൽ നാം എന്തു നിർവ്വഹിച്ചു എന്ന് സ്വയം നാം എത്ര പണം ചെലവഴിച്ചു എത്ര സമയം ചെലവഴിച്ചു എത്ര ടെൻഷൻ അനുഭവിച്ചു എത്ര എത്ര സ്റ്റെപ്പുകൾ അതിനുവേണ്ടി നമ്മൾ കാലടികളിൽ മുന്നോട്ട് വെച്ചു നാം സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും സ്വയം ഉത്തരവാദിത്തമായി ഈ കാര്യം ഏറ്റെടുക്കണം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഏഴ് ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ കുടുംബങ്ങളോട് വരാൻ നിങ്ങളുടെ സഹപ്രവർത്തകരോട് വരാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ അവിടെ വരാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ കാണിക്കണം എന്ന് ഉറപ്പുണ്ട് നന്മയിലേക്കുള്ളൊരു ക്ഷണം അയാളുണ്ടാകുന്ന മാറ്റത്തിന്റെ തുല്യമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നതാണ് സഹോദരങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് മറ്റു യാതൊരു താല്പര്യങ്ങളുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം അള്ളാഹുവിലേക്കുള്ള ക്ഷണം പ്രവാചകൻ ഏൽപ്പിച്ചുപോയ ദൌത്യത്തിന്റെ ഉത്തരവാദിത്ത നിർവ്വഹണം ഈ നിർവ്വഹണത്തിൽ കൂട്ടായി ഒരു മനസ്സായി മുന്നോട്ട് പോകുവാനും ദൌഹിദിന്റെ വെളിച്ചം ജനങ്ങൾക്ക് എത്തിക്കുവാനും ഖുർആാന്റെ മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുമുള്ള ഈ ശ്രമങ്ങളിൽ അള്ളാഹുവി ഞങ്ങളത് വിജയിപ്പിക്കേണ്ട മേനാഥ എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ദൂരീകരിച്ചു തേടണമേനാഥ നിന്റെ ദീൻ സത്യമായും അതിന്റെ യാഥാർത്ഥ്യങ്ങളോട് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളെ വിജയിപ്പിക്കണമെന്നാഥ ഞങ്ങളുടെ ജീവിതത്തെ ചെയ്ത മുഴുവൻ നന്മകൾക്കും പൂർണമായ പൊതുവലിക്ക് നൽകേണ്ട മേനാഥനെക്കാളും ിയപ്പെട്ട മഹാനായ റസൂൽ കലീം പിൻപറ്റുവാനും ആ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്നാഥ തീഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുക്കണമെന്നാഥ രോഗങ്ങൾ അനുഭവിക്കുന്ന പല ബന്ധുക്കളും ഞങ്ങൾക്കുണ്ട് അവർക്ക് രോഗശമനം പ്രദാനം ചെയ്യണമേ ഞങ്ങൾ മരണപ്പെട്ടു പോയ ആളുടെ കബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമെന്നാഥു لله رب العالمين اللهم റബ്ബന